പലപ്പോഴായി ദൈവത്തിൻ്റെ കരുതൽ ദൈവം നമ്മുടെ മുമ്പിലും പുറയിലും നമ്മുടെ ചുറ്റിനും നമ്മുടെ നടുവിലും ഒക്കെ നിന്ന് നമ്മെ സഹായിക്കുന്നത് നമ്മെ വിടുവിക്കുന്നത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ അനുഭവിച്ചവരാണ് നാം നാം എല്ലാവരും തന്നെ നമ്മൾ ഇന്ന് രാവിലെ പാടിയത് പോലെ കൗണ്ടിയ ബ്ലെസ്സിങ്സ് അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ നന്മകളെ നമുക്ക് എണ്ണി നോക്കുമ്പോൾ എത്രയധികം ഈ രീതിയിൽ ദൈവം നമ്മെ സഹായിച്ചു നമ്മെ നമ്മെ നടത്തിയിട്ടുണ്ട് എന്നാലും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളിതൊക്കെ മറന്ന് നമ്മൾ ആശങ്കപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഈ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ഈ സ്നേഹവും ദൈവത്തിൻ്റെ ഈ വിടുവയ്ക്കുന്ന കരവുമൊക്കെ ദൈവം ഇങ്ങനെ നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദൈവം മഴ പെയ്യ്ക്കുമ്പോൾ അത് മഴ ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും എല്ലാവരുടെ മേലും ഒരുപോലെ ദൈവം ചെയ്യാറുണ്ട് അപ്പോൾ ദൈവ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ നാം അനുഭവിക്കുന്നു നമുക്കത് അവകാശപ്പെടാനുണ്ട് ദൈവം നമ്മെ സഹായിക്കുന്നു മുമ്പോട്ട് നടത്തുന്നു എന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള വഴിയിൽ ഓക്കെ ദൈവം എന്നെ കരുതുന്നു ദൈവം എന്നെ വിടുവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരം എൻ്റെ മേലുണ്ട് എന്ന് അത് ഒരു തെളിവല്ല നമ്മൾ ഈ നേരത്തെ വായിച്ച ആ സങ്കീർത്തനം അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ നമ്മൾ വായിച്ചു നിൻ്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നിന്റെ ഭാരം മികവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നമുക്ക് എത്ര ആശ്വാസവും ഉത്സാഹവും ബലവും പകരുന്ന ഒരു വാക്യമാണ് എന്നാൽ ആ വാക്യത്തിൻ്റെ അതിനെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ കുലുക്കം വരാം പക്ഷേ അങ്ങ് കുലുങ്ങി പോവുകയില്ല കുലുങ്ങി പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു ഏഹ് പല സാഹചര്യങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി കാരാഗ്രഹത്തിലൂടെ കടന്നുപോയി പല വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മളെപ്പോഴും ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നൊരു പ്രയോഗമാണ് ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ പിറ്റ് ടു പ്രിസൻ പിറ്റ് ടു എന്താ പുത്തിഫേസ് ഹൗസ് ടു പ്രിസൻ ടു പാലസ് എന്നൊക്കെയാണ് ജോസഫിനെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ആദ്യമൊരു കിണറ്റിൽ വട്ടക്കിണറ്റിൽ അതുകഴിഞ്ഞ് അവിടുന്ന് പിന്നെ പോയി അവിടെ പൊത്തിഫറിൻ്റെ വീട്ടിലും കാരാഗ്രഹത്തിലും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ അവസാനം പാലസിൽ മന്ത്രിയായിട്ട് ജോസഫ് എത്തി ജോസഫിൻ്റെ ജീവിതത്തിൽ അപ്പം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിടുവിക്കൽ ദൈവം അവനെ വിടുവെച്ചത് ഇതെല്ലാം ആത്യന്തികമായിട്ട് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായി ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ കഴിഞ്ഞു ജോസഫിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ കരുതൽ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആഗാറിൻ്റെയും ആകാറിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഈ കരുതലുണ്ടായി ദൈവത്തിൻ്റെ കരുതലുണ്ടായി പക്ഷേ നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവാചരം നോക്കുമ്പോൾ ഇഷ്മലിൻ്റെ ജീവിതത്തിലും ഈ കരുതൽ ഉണ്ടായെങ്കിലും ഇഷ്മലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഇപ്പം ഹാഗാർ തന്നെ എബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗവാക്കായ ഹാഗാർ ഒരു പരിഹാസിയായ മത്സരിയായ ഇഷ്മേൽ എന്നാലും അവരുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിൽ അവരുടെ നീടിൻ്റെ മധ്യത്തിൽ ദൈവം കരുണയുണ്ടായി അവർക്കൊരു നീരുറവ കൊടുത്ത് അവരെ അവിടെ പോറ്റി പക്ഷേ അവരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ആ ജീവിതം ജോസഫിൻ്റെ ജീവിതവും ഇഷ്മേലിൻ്റെ ജീവിതവും അതെത്ര വ്യത്യസ്തമാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം ഈ സാഹചര്യത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ പദ്ധതി നിരവേറി എന്നാൽ നമ്മൾ ഈ ഇഷ്മലിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇഷ്മലിനെക്കുറിച്ച് ഞാൻ പണ്ടൊരിക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇഷ്മലിനെക്കുറിച്ച് നോക്ക് അവിടെ മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഈയൊറ്റ ഒരു കാര്യം നമ്മൾ ആ സമയത്ത് നമ്മൾ കുട്ടി എന്നൊക്കെ നമ്മളവിടെ വായിക്കുമ്പോഴും ഇഷ്മലിനെ ഒരു പരിഹാസി ഒരു പരിഹാസിയായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അവൻ പരിഹസിച്ച് അവൻ ആ രീതിയിൽ അപ്പം അവന് ആ സമയത്തൊരു പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഇഷ്മയിൽ അതായത് ആകാറിൻ്റെ കൂടെ ഈ പുറത്ത് പോകുമ്പോൾ ഏകദേശം ഒരു പതിനേഴ് വയസ്സുള്ള പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാനങ്ങനെ പറയാനായിട്ട് അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ പതിനാറാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പതിനാറാം വാക്യം പതിനാറാം വാക്യത്തിൽ ഹാഗാർ എബ്രാഹാമിന് ഇഷ്മിനെ പ്രസവിച്ചപ്പോൾ എബ്രാഹാമിന് എൺപത്തി വയസ്സായിരുന്നു അപ്പോൾ എബ്രാഹാമിൻ്റെ എൺപത്തിയാറ് വയസ്സിലുള്ള മകനാണ് ഇഷ്മൽ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഇരുപത്തി ഒന്നാം അദ്ധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ മകനായ ഇസ്വാക്ക് ജനിച്ചപ്പോൾ അബ്രാഹാമിന് നൂറ് വയസ്സായിരുന്നു അപ്പോൾ ഇസാഖ് ജനിച്ചപ്പോൾ അബ്രാഹിന് നൂറ് വയസ്സുണ്ടായിരുന്നു അപ്പോൾ ഇസാഖ് ജനിച്ചപ്പോൾ ഇഷ്മലിന് എത്ര വയസ്സുണ്ടായിരുന്നു ഇഷ്മായിലിന് പതിനാല് വയസ്സുണ്ടായിരുന്നു അപ്പോൾ ഇസ്ഹാഖ് ജനിക്കുമ്പോൾ ഇഷ്മലിന് പതിനാല് വയസ്സുണ്ട് അപ്പൊ ഈ പതിനാല് വയസ്സുണ്ട് അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആകാറിനെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഒരുപക്ഷെ രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു രണ്ട് അവൻ വീട്ടിൽ നിൽക്കുന്നു അവൻ പരിഹസിക്കുന്നു അമ്മയും ഈ പുതിയ ജനിച്ച കുഞ്ഞിനെയും ഇസാഖിനെയും ഒക്കെ പരിഹസിക്കുന്നതും കണ്ട് ആകെ ആ രീതിയിൽ അബ്രഹാം അപ്പോഴാണ് പുറത്താക്കുന്നത് അപ്പൊ ഏകദേശം ഒരു പതിനാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പം ഈ പതിനാറ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഒരു മത്സരിയാണ് എന്നിട്ടും അവൻ അവിടെ തളർന്ന് അവിടെ കിടന്നപ്പോൾ ദൈവം അവൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ അവനോട് കരുതൽ കാണിച്ചു അവന് ഒരു നേരിഴവ് കൊടുത്ത് അവനെ പോറ്റി പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ അവന് ലഭിച്ചു ദൈവത്തിൻ്റെ സ്നേഹം അവൻ കണ്ടു പക്ഷേ അവൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറിയില്ല നിറവേറെ നിര നിര എന്നാൽ നമ്മൾ ഇവിടെ ഇതാ ജോസഫിനെക്കുറിച്ച് പലതരത്തിലുള്ള കുലുക്കങ്ങളിലൂടെ പലതരത്തിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ജോസഫ് കടന്നുപോകുന്നു ആളുകൾ അവനെ തെറ്റിദ്ധരിക്കുന്നു ആളുകൾ മറന്നുപോകുന്നു ആളുകൾ അവനെ ജയിലിലിടുന്നു അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഈ കുലുക്കത്തിൻ്റെ മധ്യത്തിൽ ആ കുലുക്കത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും അവൻ്റെ കാലുകൾ ചങ്ങരിയിൽ കിടന്നപ്പോഴും അവൻ പല കാരാഗൃഹത്തിലായിരുന്നപ്പോഴും അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ ഉള്ളിലേക്ക് ഇതാ ദൈവം നേരത്തെ ബ്രതർ വായിച്ച വാക്യത്തിൽ ഇരുമ്പ് അവൻ്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ കൂടുതൽ അവൻ ആത്മീയനായിട്ട് വളരുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയായിരുന്നു അവനിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറുകയായിരുന്നു അവനിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറി ജോസഫിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു അന്ന് തൻ്റെ പിതാവിനെയും തന്റെ സഹോദരന്മാരെയും ഒക്കെ അവരിന്ന് അവര് ഈ കനാലിലേക്ക് അവിടേക്ക് വരാനും ഒക്കെയുള്ള ആ പദ്ധതി ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതിക്ക് ആ ക്ഷാമകാലത്ത് ഒരു കാരണമായി തീർന്നത് ജോസഫാണ് അപ്പൊ നമ്മൾ പ്രിയ സമരസവന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിക്കുന്നു ദൈവം നമ്മെ നടത്തുന്നു അപ്പോഴും അതോടൊപ്പം നമ്മൾ ആ സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ വായിച്ച ആ ഭാഗത്ത് നമ്മുടെ ഭാരം കർത്താവിൻ്റെ നമ്മൾ വെച്ചുകൊള്ളുമ്പോൾ അവനെന്നെ പുലർത്തുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കരുതലിൻ്റെ മുമ്പിൽ കർത്താവിനെ നടത്തുന്ന വഴികളെ ഞാൻ കാണുമ്പോൾ നമ്മൾ ോസിന്റെ സുശേഷം അഞ്ചാം അധ്യായത്തിലാണ് മർക്കോസ് ലഞ്ചിലാണെന്ന് തോന്നുന്നു അവിടെ പത്രോസ് ദൈവത്തിന്റെ സ്നേഹം കണ്ട് തൻ്റെ ബോട്ടിൽ നിറച്ച് മീൻ വന്നപ്പോ അവൻ പാപിയായ മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ തൻ്റെ കുറവുകളെ കണ്ട് കർത്താവേ ഞാൻ വീണ്ടും അങ്ങയുടെ അടുക്കലേക്ക് എനിക്ക് വരണം എന്ന് പറഞ്ഞ് അവലോടെ തൻ്റെ കുറവുകളെ കണ്ട് തന്നെ തന്നെ ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വഴി ആ വഴിയിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുക അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അവൻ എന്നെ പുലർത്തും അപ്പോൾ നീതിമാൻ ഒലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുലുക്കങ്ങൾ നമ്മൾ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമുണ്ട് എബ്രാഹിം ലേഖനം എബ്രാഹിം ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം പ്രത്യേകിച്ച് നാം ഒരു അവസാന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ നിറഞ്ഞ ഒരു ലോകത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുലുക്കങ്ങൾ ഒക്കെ നമ്മുടെ ചുറ്റിനും നടക്കുമ്പോൾ എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഞാൻ വാഗ്ദത്വം ചെയ്തു ഇരുപത്തിയേഴ് ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു യാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന്റെ പ്രസാദം പെരുമാറുക ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക അപ്പോ നമ്മളൊക്കെ ഒരു ഇളക്കത്തിലൂടെയാണ് കടന്നു ദൈവം നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള ഇളക്കങ്ങൾ കുലുക്കങ്ങൾ നമ്മുടെ ചുറ്റിനും ദൈവം നടത്തുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മളെ നോക്കുകയാണ് നമ്മൾ ദൈവത്തിൽ ചാരിക്കൊണ്ട് കർത്താവേ അങ്ങ് എന്റെ തലയിലെ നമ്മൾ ഇന്ന് പാടിയത് പോലെ മാർഗപരം ശോധനകളെ ഒക്കെ അവൻ തിട്ടമെന്ന് എണ്ണി നോക്കി അളന്നു നോക്കി എൻ്റെ തലയിലെ മുടിയൊക്കെ അവൻ എണ്ണിയിട്ടുണ്ട് എന്റെ കഴിവിന് ഒരു പരീക്ഷ ദൈവം ഈ സാഹചര്യം ദൈവം ആ സാഹചര്യത്തിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഞാൻ കർത്താവേ ഞാൻ ഇവിടെ പരാതിയില്ലാതെ പെരുപറുപ്പില്ലാതെ ഞാൻ ദൈവത്തിൻ്റെ ആ സർവ സർവ്വശക്തിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ ഉറച്ചുകൊണ്ട് ഞാൻ ഇവിടെ കുലുങ്ങാതെ നിൽക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും ഹാലിലൂ നീതിമാൻ കുലുങ്ങാതെ നിൽക്കുവാൻ ദൈവം നമുക്ക് അവൻ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ മേൽ വെച്ചുകൊള്ളുമ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നമുക്ക് കുലുക്കമില്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ശോധനയുടെ കാറ്റിന്റെ മധ്യത്തിൽ നമ്മളിപ്പോ ജോസഫിന്റെ ജീവിതത്തിൽ അതാണ് കാണുന്നത് ജോസഫിന് ഇങ്ങനെയുള്ള സാഹചര്യത്തിന്റെ മധ്യത്തിൽ ജോസഫ് ഇതാ തൻ്റെ ശോധനയുടെ ഒരു കൊടുങ്കാറ്റ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നു പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവന് പരാതി പറയുവാനുള്ള ശോധന പിറുവിറുക്കുവാനുള്ള ശോധന കംപ്ലൈന്റ് തന്നെ മറന്നുപോയവരെ പരാതിക്ക് എത്രയെത്ര സാധ്യതകൾ താൻ പൊത്തിഫരൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇതാ തന്നെ ഏറ്റവും വലിയ ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ശോധന എന്നുള്ള രീതിയിൽ ഇതാ ഒരു സ്ത്രീ തന്നെ പ്രലോഭിപ്പിക്കുന്നു അതിൻ്റെ മധ്യത്തിലും അവിടെ ജോസഫ് കുലുങ്ങാതെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിന് വിരോധമായി ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും ജോസഫിനെ ദൈവം അവൻ്റെ ഹൃദയത്തിലെ ആ ഒരു ആഗ്രഹം അവൻ്റെ ഹൃദയത്തിലെ ആ ഒരു താല്പര്യം കർത്താവെ ഞാൻ അങ്ങെന്നോട് ഇത്രത്തോളം കരുണ കാണിച്ചു അങ്ങനെ വിടുവിച്ചു അങ്ങനെ ഇത്രത്തോളം നടത്തി അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവെ ഞാൻ അങ്ങേ പിൻപറ്റുവാൻ ഞാൻ നീതിയോടെ ഞാൻ കർത്താവ് ഭക്തിയോടെ ഭയത്തോടെ അങ്ങേ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവൻ്റെ ഈ ശോധനയുടെ മധ്യത്തിലും അവനെ സഹായിക്കുന്ന ഒരു ദൈവം അവനെ സഹായിച്ചു ആ സാഹചര്യത്തിൻ്റെ അവനെ കാത്തു അവൻ നീതിമാൻ കുലുങ്ങി പോകാതെ നിൽക്കുവാനായിട്ട് ദൈവം അവനോട് കൂടെയിരുന്നു നമ്മെ സംബന്ധിച്ചോളം നമുക്കും നമ്മുടെ ഈ കുലുക്കങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മെ നോക്കുന്നുണ്ട് എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത് പല സമയത്തും നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഈ കുലുക്കം വരുമ്പോഴാണ് നമുക്കറിയ നമ്മള് ഈ കൊരിന്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ അവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പത്താം അധ്യായം ഒന്ന് കൊരിന്തിർ പത്താം അധ്യായം അവിടെ എത്ര എത്രയെത്ര രീതിയിലാണ് ദൈവം പോഷിപ്പിച്ചത് ഈ ഇസ്രായേൽ മക്കളെ പത്താം മൂന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സൗദന്മാരെയും നമ്മുടെ പിതാക്കന്മാരും എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു അവർ നമ്മെപ്പോലെ അവരെ സ്നാനപ്പെട്ട് അവരെ പരിശു വെള്ളത്തിലും പരിശുദ്ധാത്മാവിലുമൊക്കെ സ്നാനപ്പെട്ട് അവർ ആത്മീക ആഹാരം തിന്നു അവർ ആത്മീകവചനം ദൈവവചനമൊക്കെ കേട്ട് ആത്മീക ആഹാരം ആത്മീയ പാനീയം കുടിച്ചു നാലാം വാക്യം മൂന്ന് നാല് എന്നിട്ട് ആറാം വാക്യത്തിൽ പറയുന്നു അവർ എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എത്രയോ അത്ഭുതങ്ങൾ നമ്മളിപ്പോ ഇവിടെ വന്ന ഒരാൾ സാക്ഷ്യം പറയുക ഞാൻ ഇങ്ങനെ മരുഭൂമിയിൽ നടന്നു മരുഭൂമിയിലൂടെ നടന്നപ്പോ എനിക്ക് ഒരു വഴിയും ഇല്ലായിരുന്നു ഇതാ സ്വർഗത്ത് നിന്ന് ഭക്ഷണം എനിക്ക് താഴേക്ക് ഇറങ്ങി വരും സ്വർഗത്ത് നിന്ന് ഇറങ്ങി എൻ്റെ മുമ്പിൽ ഒരു വഴിയും മുമ്പിൽ ഒരു ചെങ്കടൽ പുറകില് സൈന്യം ചുറ്റിനും മലകൾ ഇതിന്റെ മധ്യത്തിൽ ഒരു വഴിയും ഇതാ ദൈവം ഒരു ആഴിയിലൂടെ ഒരു വഴി തുറന്ന് ഞങ്ങളെ മുമ്പോട്ട് നടത്തി നമ്മൾ ഹലൂയ ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിടുതൽ എത്ര അത്ഭുതമാണ് പക്ഷേ ആ വിടുതലും കരുതലും അവരനുഭവിച്ചെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല കാരണം നമ്മൾ കാണുന്നത് പോലെ ജോസഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആവൽ ആ ഒരു താല്പര്യം കർത്താവേ എനിക്ക് അങ്ങേയെ പിൻപറ്റണം അങ്ങയെ സ്നേഹിക്കണം അങ്ങയുടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനോഭാവം അവൻ്റെ ഉള്ളിലുള്ള ഒരു നീതി അത് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ഇവരുടെ അന്വേഷണം നീതിമാൻ കുലുങ്ങി പോകാൻ ദൈവം അനുവദിക്കുകയില്ലേ എന്നാൽ ഇവരെ ഇവരെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത് അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആറാം വാക്യം ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർക്ക് അവർ ദുർമോഹികളും വിഗ്രഹാരാധികളും അവർ ഏഴാം വാക്യം ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാനും എഴുന്നേറ്റു എന്ന് നമ്മളിവിടെ വായിക്കുന്നു അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ പെറുപുരത്ത് പത്താം വാക്യം അവർ ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു പതിനൊന്നാം വാക്യം ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു യാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ ദൈവത്തിൻ്റെ ഈ കരുതലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവരുടെ ആഗ്രഹം അവരുടെ ദുർമുഖങ്ങൾ നിറഞ്ഞ അവർ പറഞ്ഞു ഇതൊക്കെ കിട്ടിയപ്പോഴും അവർ പറഞ്ഞു ഇതിനിപ്പോൾ ടേസ്റ്റില്ല എൻ്റെ അന്നത്തെ ചുറ്റുള്ളിക്ക് എന്ത് രുചിയായിരുന്നു അവിടുത്തെ ഇതിനെത്ര രുചിയായിരുന്നു അവരുടെ ഉള്ളു ഇപ്പോഴും പുറകോട്ടായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത് വിടെ എന്നാൽ നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുതൽ ദൈവത്തിൻ്റെ കരുണ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെ തുടർന്ന് കർത്താവെ അങ് എന്നോട് ഇത്രത്തോളം കരുണയും സ്നേഹവും കാണിക്കുന്നു ഞാനും കർത്താവെ അങ്ങേ എനിക്ക് പിൻപറ്റണം എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കർത്താവെ ഞാൻ കാണുന്നു എനിക്ക് ഇതിനെ ശുദ്ധീകരിച്ച് എങ്ങന്റെ വരവിന് വേണ്ടി കർത്താവെ എനിക്ക് ഒരുങ്ങണം എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു ആവലോടെ താല്പര്യത്തോടെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടത്ത് നമുക്ക് ദൈവം നമ്മെ കരുതും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുകയും ചെയ്യും നമ്മൾ കുലുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിന് നമ്മെ കാക്കുവാനും കഴിയും നമ്മൾ ഈ അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ ഹഗ്ഗായി എഴുതുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ വായിക്കാം ഹായി രണ്ടാമധ്യായത്തിലാണ് രണ്ടാമധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോബ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയേയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യും അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ആറാം വാക്യം ഫോർ ദസ് സിസ് ദ ലോഡ് ഓഫ് ഹോസ് വൺസ് മോർ ഇൻ എ ലിറ്റിൽ വൈൽഡ് ഐ എം ഗോയിങ് ടു ഷേക്ക് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ദ സീ ഓൾസോ ആൻഡ് ദ ഡ്രൈ ലാൻഡ് ഐ വിൽ ഷേക്ക് ഓൾ ദ നേഷൻസ് ആൻഡ് ദ വിൽ കം വിത്ത് ദ വെൽത്ത് ഓഫ് ഓൾ ദ നേഷൻസ് And I will fill this house with glory. Then this kulkathina daylam The people will turn in the talk of time for God Because in the first time of our lives We will start a break Even today's informed We are going to stand. And we will be role of the Holy Spirit അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളാൽ കൊടുങ്കാറ്റുകളാൽ നാം കുലുങ്ങി പോകുമ്പോൾ കുലുക്കം നമുക്ക് വരുമ്പോ അവിടെ നമുക്ക് നോക്കി കർത്താവേ അങ്ങ് എനിക്ക് മതിയായവനാണ് അങ്ങ് നടത്തും കർത്താവെ ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് നീതിയോടെ അങ്ങ് പിൻപറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ സഹായിക്കണം നമുക്ക് പതറിപ്പോയിട്ടുണ്ടെങ്കിൽ നാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകാവസാനത്ത് വരുന്ന നമുക്ക് ബുദ്ധി ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം നമ്മൾ പാടി പേർ വിളിക്കുമ്പോൾ കർത്താവെ എൻ്റെ പേരും കാണും അതിന് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്നെ ഇത്രത്തോളം സഹായിച്ചു മുമ്പോട്ട് നടത്തുന്നു ഞാനിതാ ഇന്ന് വീണ്ടും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അങ്ങയുടെ കരുതലിന്റെ മുമ്പിൽ ഞാനിതാ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു എന്നെ അങ്ങ് സഹായിക്കണമേ ഈ രീതിയിൽ അങ്ങയുടെ ദൈവത്തിന്റെ വചനത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും അത് എനിക്ക് സ്വായത്തമാക്കണം അതിനനുസരിച്ച് അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിൽ എനിക്ക് മുമ്പോട്ട് പോകണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മൾ കുലുങ്ങുമ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കാറുള്ള ഒരു വാക്യമാണ് ശിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാറുണ്ട് ദുഷ്ടന് സമാധാനമില്ല എന്ന് പറയാറുണ്ട് നമ്മൾ ദുഷ്ടന് സമാധാനമില്ല അപ്പോൾ ദുഷ്ടൻ അവർ അത് ഏയാവ് അൻപത്തിയേഴാം അധ്യായത്തിലാണ് ഏഷ്യാവ് അൻപത്തിയേഴിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു അതിനടങ്ങിയിരിക്കുവാൻ കഴിയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു അപ്പോ കാറ്റും തിരമാലകളും കുലുക്കവും ഒക്കെ വരുമ്പോ ഹൃദയത്തിൽ ഈ തരത്തിൽ ഉള്ള ശരിയായ ഒരു ഹൃദയം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളി നിങ്ങനെ ചിലപ്പോ നമ്മള് കണ്ടിട്ടില്ലേ പലപ്പോഴും പല സൗകര്മാരും സൗകര്യമാരും ഒക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വല്ല വലിയ സമ്മർദ്ദം വന്ന് ചിലപ്പോ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും സമ്മർദ്ദം വന്ന് സമ്മർദ്ദം വരുമ്പോ പണ്ട് അന്ന് പറഞ്ഞതും അന്നത്തെ പറഞ്ഞതും അന്ന് നീ ഇങ്ങനെ ചെയ്തില്ലേ അന്ന് ഇങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തേക്കിടും പുറത്തേക്കിടും അപ്പോൾ ഈ കുലുക്കം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാണിക്കുകയാണ് നമ്മൾ ചെണ്ട കൊട്ടുന്നതിനെക്കുറിച്ചൊക്കെ ബ്രദറ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇങ്ങനെ ചെണ്ട കൊട്ടുമ്പോൾ കുലുക്കം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണാം എന്നാൽ ഇവിടെ അവർ അവര് ചെറിയും ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം പറയുന്നു എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും എന്നുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ പതിനഞ്ചാം വാക്യം താഴ്മയോടെ മനസ്താപമുള്ള ഹൃദയത്തോടെ നാം നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന് ചൈതന്യം വരുത്തുവാൻ മനോ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി ജോസഫിനോട് കൂടെ എപ്പോഴും ദൈവം എന്തുകൊണ്ടാണ് ജോസഫിനോട് കൂടെ ജെ ദൈവം ഹൃദയത്തെ ദൈവം നോക്കി ജോസഫിൻ്റെ ഹൃദയത്തെ ദൈവം നോക്കിയപ്പോൾ അവിടുന്ന് ഇതാ എനിക്ക് ഉയർന്നിരിക്കുന്ന ദൈവത്തിന് ഇപ്പോൾ ഇവിടെ വസിക്കാനായിട്ട് പറ്റിയ ഒരിടം താഴ്മയുള്ള ഒരു മനസ്സുള്ളവൻ മനസ്താപമുള്ളവൻ അവൻ്റെ തെറ്റിനെ കുറിച്ച് പെട്ടെന്ന് ബോധ്യം വരുന്നവൻ അനുതാപപ്പെടുന്നവൻ അവൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവൻ അവൻ്റെ ആ ഹൃദയത്തിന് എനിക്ക് വരുത്തണം അവൻ മനവും വിനയവും കൂടെ എനിക്ക് ഉണ്ടാവണം അവനെ എനിക്ക് ശക്തീകരിക്കണം അവനെ ബലപ്പെടുത്തണം അവൻ്റെ ഈ കുലുക്കത്തിൻ്റെ മധ്യത്തിൽ അവനോടൊപ്പം ഞാൻ നിൽക്കും അവനെ സഹായിക്കും അവൻ കുലുങ്ങി പോകെയില്ല അവൻ തളർന്നു പോകയില്ല അവൻ അവൻ്റെ ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഈ പരീക്ഷയുടെ മുമ്പിൽ ഞാൻ അവനോട് കൂടെയിരിക്കും അവനെ സഹായിക്കും നമുക്ക് ഈ ദൈവത്തിന്റെ കരുതൽ നമ്മൾ ബ്രദറ് നേരത്തെ പറഞ്ഞു നമ്മുടെ പരീക്ഷയുടെ മധ്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഭൗതിക കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ആത്മീയ കാര്യത്തിലും ദൈവം നമുക്ക് മതിയായവനാണ് ഇവിടുന്ന് നമ്മുടെ ചുറ്റും മുമ്പിൽ പുറകിൽ നടുവിൽ നമുക്ക് കരുതലായിട്ടുള്ള ദൈവം നമ്മെ സഹായിച്ച് നമ്മെ മുമ്പോട്ട് നടത്തും നമ്മുടെ ഹൃദയത്തിലും നമുക്ക് നീതിയുള്ളവരായി നമുക്ക് ആ രീതിയിൽ ദൈവത്തെ അപ്രകാരം പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കിന്ന് ഈ പകൽ നമുക്കിവിടെ ആയിരിക്കാം നമുക്കൊരു പുതിയ സമർപ്പണം ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവെ ഈ അവസാന നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങൾ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു കുലുക്കത്തിൻ്റെ മധ്യത്തിലൂടെ ഞാൻ കടന്നു എന്നാൽ ഈ കുലുക്കത്തിൽ കർത്താവെ എനിക്ക് അങ്ങയുടെ മുമ്പാകെ എനിക്ക് നിൽക്കണം അതിനെന്നെ സഹായിക്കണം എന്നെ ശക്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അമ്മേ